ചൊവ്വായ നിലയിൽ തന്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയത്രെ അത് ആ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് അവർ എന്നെന്നും കഴിഞ്ഞുകൂടുന്നതായിരിക്കും അല്ലാഹു സന്താനത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നല്കുവാൻ വേണ്ടിയുമാകുന്നു അവർക്കാകട്ടെ അവരുടെ പിതാക്കൾക്കാകട്ടെ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അവരുടെ വായിൽ നിന്ന് പുറത്തുവരുന്ന ആ വാക്ക് ഗുരുതരമായിരിക്കുന്നു അവർ കള്ളമല്ലാതെ പറയുന്നില്ല فَلَعَلَّكَ بَاقِعُ النَّفْسَكَ عَلَى آثَارِهِمْ إِلْ لَمْ يُؤْمِنُوا بِهَادَ الْحَدِيثِ أَسَفَا عدنال اي سامنشة تل ابر وشو سي چلیں گے ابر پنتر انجا پوائدنا توڑرن عدل الله دکھتال ني جیوان اوڑکن بنائے کا انا جعلنا ما على الارض زینة لها لنبلوهم لنبلوهم ايهم احسن عملاء تیر چايا ايوم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 അതല്ല ഗുഹയുടെയും റക്കീനിന്റെയും ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരു അത്ഭുതമായിരുന്നുവെന്ന് നീ വിചാരിച്ചിരിക്കുകയാണോ إذ أول فتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة فقالوا ربنا آتنا من لدنك رحمة وحيئ لنا من أمرنا رشدا آيوا کل گوهي الافيام پرابيكس سن نربم أور پرنجو ننجلوڈ دا رجشد آوي ننجلوڈ باكل ننجلوڈ كارنجم ننجلوڈ كني نلقو غيو ننجلوڈ كارنجم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 കൃത്യമായി അറിയുന്നവർ ഇരു കക്ഷികളിൽ ആരാണെന്ന് അറിയാൻ തക്കവണ്ണം അവരെ നാം എഴുന്നേൽപ്പിച്ചു അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ അവർക്കു നാം സന്മാർഗോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു അവന് പുറമെ യാതൊരു ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേയല്ല അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പക്ഷം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 وَإِنِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِن رَّحْمَتِهِ فَأَوْءُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِن رَّحْمَتِهِ وَيُهَيِّئْ لَكُم مِّنْ أَمْرِكُمْ مِّرْفَقًا അവർ <تصفيق> അന്യോന്യം പറഞ്ഞു അവരെയും അല്ലാഹു ഒളിക്ക അവർ ആരാധിച്ചിരുന്നവരെ നിങ്ങൾ വിട്ടുഒഴഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചോളുക നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായി നൽകുകയും നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യമേർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ് <زيطان> من يهدي الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا سورين उदिकुம்பால் ад അവരുടെ गुഹവിട്ട് വലதுഭാഗത്തേക്ക് 마രിപോകുന്നതായിം ад अस्तമികുംബോൾ адവരെ വിട്ട് കടന്ന് ഇടതുഭാഗത്തേക്ക് പോകുന്നതായിം നിനക്ക് കാണാം അവരാകട്ടെ ആ गुഹയുടെ ವಿಶാലമായ ഒരു ഭാഗത്താ군요 ад അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രെ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 അവർ ഉണർന്നിരിക്കുന്നവരാണ് എന്ന് നീ ധരിച്ചു പോകും വാസ്തവത്തിൽ അവർ ഉറങ്ങുന്നവരത്ര നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഗുഹാമുഖത്ത് അതിന്റെ രണ്ട് കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ് അവരുടെ നേർക്ക് നീ എത്തിനോക്കുന്ന പക്ഷം നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും അവരെ പറ്റി നീ ഭീതി പൂണ്ടവനായി തീരുകയും ചെയ്യും قالوا ربكم اعلم بما لبستم فبعثوا احدكم بورقكم هذه الى المدينه الى المدينه فلينظر ايها ازكى طعاما فلياتكم برزق منه وليتلطف وليتلطف ولا يشعرن بكم احدا ابرغام اور انيونم چودم نادتوان تکوانم نام اور ائنهلپچو اورل ورال چودچو നിങ്ങൾ എത്ര കാലം ഗുഹയിൽ കഴിച്ചുകൂട്ടി മറ്റുള്ളവർ പറഞ്ഞു നാം ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ കഴിച്ചു മറ്റു ചിലർ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവാകുന്നു നിങ്ങൾ കഴിച്ചുകൂട്ടിയതിനെപ്പറ്റി ശരിയായി അറിയുന്നവൻ എന്നാൽ നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഈ വെള്ളിനാണയവും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക അവിടെ ആരുടെ പക്കലാണ് ഏറ്റവും നല്ല ഭക്ഷണമുള്ളത് എന്ന് നോക്കിയിട്ട്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 അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലുകയോ അവരുടെ മതത്തിലേക്ക് മടങ്ങാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ ചെയ്യും അങ്ങനെ നിങ്ങൾ മടങ്ങുന്ന നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല തന്നെ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 سيقولون ثلاثة الرابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قُر ربي أعلم بعدتي ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا جننگل الورو بباغم پرأيم ഗുഹാവാസികൾ മൂന്ന് പേരാണ് നാലാമത്തേത് അവരുടെ നായയാണ് എന്ന് ചിലർ പറയും അവർ അഞ്ചു പേരാണ് ആറാമത്തേത് അവരുടെ നായയാണ് എന്ന് അദൃശ്യകാര്യത്തെപ്പറ്റിയുള്ള ഊഹം പറയാൽ മാത്രമാണത് ചിലർ പറയും അവർ ഏഴുപേരാണ് എട്ടാമത്തേത് അവരുടെ നായയാണ് എന്ന് നദിയെ പറയുക എന്റെ രക്ഷിതാവ് അവരുടെ എണ്ണത്തെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് ചുരുക്കം പേരല്ലാതെ അവരെപ്പറ്റി അറിയുകയില്ല അതിനാൽ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ വിഷയത്തിൽ തർക്കിക്കരുത് ജനങ്ങളിൽ ആരോടും അവരുടെ കാര്യത്തിൽ നീ അഭിപ്രായം ആരായുകയും ചെയ്യരുത് وَاذْكُر رَّبَّكَ إِذَا نَسِيتَ وَقُلْ عَسَىٰ أَن يَهْدِيَنِ رَبِّي لِأَقْرَبَ مِنْ هَٰذَا رَشَدًا ياður <تصفيق> kariyattepattiyum naale nyanad theerchayaayum cheyyam ennu nee paranju pogerathu Allah udheshikkunnu engil cheyyam ennallaad nin marannu pogunna paksham orma varumbol ninte rakshidavine anusmarikkuka ninte rakshidavu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 തന്റെ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവൻ പങ്കുചേർക്കുകയുമില്ല നിനക്കു ബോധനം നൽകപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുക അവന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആരുമില്ല അവനു പുറമെ യാതൊരു അഭയസ്ഥാനവും നീ ഒരിക്കലും കണ്ടെത്തുകയുമില്ല തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ടുമാറിപ്പോകാതിരിക്കട്ടെ ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ടു നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം ആദിരകവിഞ്ഞതായിരിക്കുകയും ചെയ്യുവോ അവനെ നീ അനുസരിച്ചു പോけれど വഖുനിൽ ഹഖ് മിർ റബ്ബികം ഫമൻ ഷാ ആ ഫല്യോമൻ വമൻ ഷാ ഫല്യക്ഫർ ഇന്ന ആഅതദനാ ലിൽ ഗാളിമീന നാരൻ അഹാത ബീഹിം സറാദിഖഹാ വ ഇൻ യസ്തഗീതു ഇറാതു ബിമാഇൻ കൽ മുഹ്ലിയ ഷുൽ വുജൂഹ പറയുക സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ അക്രമികൾക്ക് നാം നരകാഗ്നി ഒരുക്കിവച്ചിട്ടുണ്ട് അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു അവർ വെള്ളത്തിനപേക്ഷിക്കുന്ന പക്ഷം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 എത്ര വിശിഷ്ടമായ പ്രതിഫലം എത്ര ഉത്തമമായ വിശ്രമസ്ഥലം നീ അവർക്ക് ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക രണ്ടു പുരുഷന്മാർ അവര് ഒരാൾക്ക് നാം രണ്ട് മുന്തിരി തോട്ടങ്ങൾ നൽകി ആ തോട്ടങ്ങളെ നാം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 അവന് പല വരുമാനവുമുണ്ടായിരുന്നു അങ്ങനെ അവൻ തന്റെ ചങ്ങാതിയോട് സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറയുകയുണ്ടായി ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനും കൂടുതൽ സംഘബലമുള്ളവനും ودخل جنته وهو ظالم لنفسه قال ما اظن ان تبيدها لي ابدا صدတோடு തന്നെ अन्यायம் പ്രവർത്തിచుconde അവൻ തന്റെ తోട്ടത്തിൽ പ്രവേശിച്ചു അവൻ പറഞ്ഞു ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല وما اظن الساعه قائمه അന്ത്യസമയം നിലവിൽ വരും എന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഞാൻ എന്റെ രക്ഷിതാവിങ്കിലേക്ക് മടക്കപ്പെടുകയാണെങ്കിലോ തീർച്ചയായും മടങ്ങി ചെല്ലുന്നതിന് ഉത്തമമായ ഒരു സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും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 പിന്നീട് നിന്നെ ഒരു പുരുഷനായി സംവിധാനിക്കുകയും ചെയ്തവനെ നീ അവിശ്വസിച്ചിരിക്കുകയാണോ എന്നാൽ എന്റെ വിശ്വാസം ഇതാണ് അള്ളാഹുവാകുന്നു എന്റെ രക്ഷിതാവ് എന്റെ രക്ഷിതാവിനോട് യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല ولولا اذ دخلت جنتك قلت ما شاء الله لا قوه الا بالله لا قوه الا بالله ان ترني انا اقل من كما له و ولدا ني നിന്റെ തോട്ടത്തിൽ കടന്ന സമയത്ത് ഇത് അള്ളാഹു ഉദ്ദേശിച്ചത്രേ അള്ളാഹുവേ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല എന്ന് നിനക്ക് പറഞ്ഞു കൂടായിരുന്നു നിന്നെക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി നീ എന്നെ കാണുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് എനിക്ക് നിന്റെ തോട്ടത്തെക്കാൾ നല്ലത് നൽകി എന്നുവരാം നിന്റെ തോട്ടത്തിന്റെ നേരെ അവൻ ആകാശത്തുനിന്ന് ശിക്ഷ അയക്കുകയും അങ്ങനെ അത് തീരുകയും ചെയ്തു എന്നും വരാം അല്ലെങ്കിൽ അതിലെ വെള്ളം നിനക്കൊരിക്കലും തേടിപ്പിടിച്ചുകൊണ്ടുവരുവാൻ കഴിയാത്ത വറ്റിപ്പോയെന്നും വരാം അവന്റെ ഫലസമൃദ്ധി നാശത്താൽ വലയം ചെയ്യപ്പെട്ടു ആ തോട്ടങ്ങൾ അവയുടെ പന്തലുകളോടെ വീണടിഞ്ഞുകിടക്കവേ താൻ അതിൽ ചെലവഴിച്ചതിന്റെ പേരിൽ അവൻ നഷ്ടബോധത്താൽ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 യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനത്രേ അവിടെ രക്ഷാധികാരം നല്ല പ്രതിഫലം നൽകുന്നവനും നല്ല പര്യവസാനത്തിലെത്തിക്കുന്നവനും അവനത്രേ الْحَيَاةِ الدُّنْيَا أَنْزَلْنَاهُ مِنَ السَّمَاءِ بِهِ نَبَاتُ الْأَرْضِ فَأَصْبَحَ هَشِيمًا فَأَصْبَحَ هَشِيمًا هَشِيمًا നബിയെ നീ അവർക്ക് ഐഹിക ജീവിതത്തിന്റെ ഉപമ വിവരിച്ചു കൊടുക്കുക ആകാശത്തുനിന്ന് നാം വെള്ളം ഇറക്കി അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു താമസിയാതെ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായിത്തീർന്നു അതുപോലെയത്രെ ഐഹിക ജീവിതം അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു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 ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا كرمങ്ങളുടെ রেখවッケপడు അപ്പോൾ കുറ്റവാളികളെ അതിലുള്ളതിനെപ്പെട്ടി ഭയവിഹ്വലരായ നിലയിൽ നിനക്ക് കാണാം അവർ പറയും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 അവർ പ്രണാമം ചെയ്തു ഇബിലിസൊഴികെ അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു അങ്ങനെ തന്റെ രക്ഷിതാവിന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു എന്നിരിക്കെ നിങ്ങൾ എന്നെ വിട്ട് അവനെയും അവന്റെ സന്തതികളെയും രക്ഷാധികാരികളാക്കുകയാണോ അവർ നിങ്ങളുടെ ശത്രുക്കളത്രെ അക്രമികൾക്ക് അള്ളാഹുവിന് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم ولا خلق أنفسهم وما كنتم اتخذ المضلين عضدا آغاشنگل وديهم بھومي وديهم سرشتی پيناغتت أورودي ذنن سرشتی پيناغتت نام أور ساعتشي گل آكیوٹ إلا والی بیڑپی کندا وره نان صحای گلائی شیگری کندا ونالل دانو وَيَوْمَ يَقُولُ نَادُوا شُرَكَائِيَ الَّذِينَ زَعَمْتُمْ فَدَعُوهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ فَدَعُوهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَجَعَلْنَا بَيْنَهُم مَّوْبِقًا എന്റെ പങ്കാളികളെ നിങ്ങൾ ജൾപിച്ചുകൊണ്ടിരുന്നവരെ നിങ്ങൾ വിളിച്ചനോക്കൂ എന്ന് അള്ളാഹു പറയുന്ന ദിവസം ശ്രദ്ധയമത്രേ അപ്പോൾ ഇവർ അവരെ വിളിച്ചനോക്കുന്നതാണ് എന്നാൽ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 ഒരു മാർഗവും അവർ കണ്ടെത്തുകയുമില്ല തീർച്ചയായും ജനങ്ങൾക്കുവേണ്ടി എല്ലാവിധ ഉപമകളും ഈ ഖുർആനിൽ നാം വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു എന്നാൽ മനുഷ്യൻ അത്യധികം തർക്കസ്വഭാവമുള്ളവനത്രേ وما منعنا سان يؤمنوا اذ جاءهم الهدى ويستغفروا ربهم الا ان تاسيهم سنه الاولين الا ان تاسيهم سنه الاولين او ياتيهم العذاب قبلا تঙ্গলકુ മാർഗ്ഗદર્શનന്നു കിട്ടിയപ്പോൾadil విశ్వസികയും തങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതിനെ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 അങ്ങനെ അവർ ആ കടലുകൾ രണ്ടും കൂടിച്ചേരുന്നിടത്തെത്തിയപ്പോൾ തങ്ങളുടെ മത്സ്യത്തിന്റെ കാര്യം മറന്നുപോയി അങ്ങനെ അത് കടലിൽ ചാടി അതുപോയ മാർഗം ഒരു തുരങ്കം പോലെ ആക്കിത്തീർത്തു അങ്ങനെ അവർ ആ സ്ഥലം വിട്ട് മുന്നോട്ടു പോയിക്കഴിഞ്ഞപ്പോൾ മൂസ തന്റെ പ്രത്യനോട് പറഞ്ഞു നീ നമുക്ക് നമ്മുടെ ഭക്ഷണം കൊണ്ടുവാ നമ്മുടെ ഈ യാത്ര നിമിത്തം നമുക്ക് ക്ഷീണം നേരിട്ടിരിക്കുന്നു قَالَ أَرَأَيْتَ إِذْ أَوَيْنَا إِلَى الصَّخْرَةِ فَإِنِّي نَسِيْتُ الْحُوْتِ وَمَا أَنْسَانِيهُ إِلَّا الشَّيْطَانُ أَنْ أَذْكُرَهُ وَاتَّخَذَ سَبِيلَهُ فِي الْبَحْرِ عَجَبًا ابن پارنجو تانگل کنڈو وو نام آم پارکل ليل افعیم پرابجس سمنر بطيل نان آمال ست ماردن بوغو کا تنج جئدو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 തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ സാധിക്കുകയേയില്ല താങ്കൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾക്കെങ്ങനെ ക്ഷമിക്കാനാകും അദ്ദേഹം പറഞ്ഞു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 قال ألم أقل لك إنك لن تستطيع معي صبرًا" "അദ്ദേഹം പറഞ്ഞു തീർച്ചയായും താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയുവാൻ സാധിക്കില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ" قال إن سألتك عن شيء بعده فلا تصاحبني قد بلغت من لدني عذرا "മൂസ പറഞ്ഞു" തിനുശേഷം വല്ലതിനെപ്പറ്റിയും ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾ എന്നെ സഹവാസിയാക്കേണ്ടതില്ല എന്നിൽ നിന്ന് താങ്കൾക്ക് ന്യായമായ കാരണം കിട്ടിക്കഴിഞ്ഞു فصلقى حتى اذا اتى يا اهل قريتي استطعم ما اهلها فابو اي ضيفوهما فوجد فيها جدارا يريد ان ينقض فقام قال لو شئت لاتخذت عليه اجرا انندرم اور 이르웜poi angle اور 이르웜 ஒரு ராஜக்காரുടെ അടുكل சென்றപ്പോൾ ആ രാജ്യക്കാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു എന്നാൽ ഇവരെ സൽക്കരിക്കുവാൻ അവർ വൈമനസ്യം കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ പൊളിഞ്ഞുവീഴാനൊരുങ്ങുന്ന ഒരു മതിൽ അവർ അവിടെ കണ്ടെത്തി ഉടനെ അദ്ദേഹം അത് നേരെയാക്കി മൂസ പറഞ്ഞു താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിന്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു ിമാലം അദ്ദേഹം പറഞ്ഞു ഇത് ഞാനും താങ്കളും തമ്മിലുള്ള വേർപാടാകുന്നു ഏതൊരു കാര്യത്തിന്റെ പേരിൽ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നുവോ അതിന്റെ പൊരുൾ ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരാം أما السفينة فكانت لما ساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملک يأخذ كل سفينة غصبا يننال آه كبتل كدلل جولي جأي يننا اهدانم دردرن مارود اهدان اذننال جانته كيڑو وردتنا مندو وددشيشتش كارنم أوروڑ പുറകെ എല്ലാ നല്ല കപ്പലും ബലാൽക്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്നാൽ ആ ബാലനാകട്ടെ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു എന്നാൽ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 وَأَمَّا الْجِدَارُ فَكَانَ لِغُلامَيْنِ يَتِيمَيْنِ فِي مَدِينَةٍ وَكَانَ تَحْتَهُ كَنْزٌ لَّهُمَا وَكَانَ أَبُوهُمَا صَالِحًا فَأَرَادَ رَبُّكَ أَنْ يَبِلُغَا أَشُدَّهُمَا وَيَسْتَخْرِجَا كَنْزَهُمَا رَحْمَةً مِّن رَبِّكْ وَمَا فَعَلْتُهُ عَنْ أَمْرِي ذَٰلِكَ تَأْوِيلُ مَا لَمْ تَصْطِعْ عَلَيْهِ صَبْرًا آمدل آننگلو آدل آمدل آننگلو آدل آمدل آمدل آمدل آمدل آمدل آمدل آمدل آمدل آمدل آ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 അതിന്റെ പൊരുളാകുന്നു അത് അവർ നിന്നോട് ദുൽകർനൈനിയെപ്പറ്റി ചോദിക്കുന്നു നീ പറയുക അദ്ദേഹത്തെപ്പറ്റിയുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് ഓദിക്കേൾപ്പിച്ചു തരാം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 ഹേ ദുൽ ഒന്നുകിൽ നിനക്ക് ഇവരെ ശിക്ഷിക്കാം അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം നിന്നുക്രോ ദുൽഖർണൈൻ പറഞ്ഞു എന്നാൽ ആർ അക്രമം പ്രവർത്തിച്ചുവോ അവന് നാം ശിക്ഷിക്കുന്നതാണ്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 قالوا يا ذوالقرنين ان ياجوج وماجوج مفسدون في الارض فهل نجعل لك خرجاً على ان تجعل بيننا وبينهم سداً அவர் പറഞ്ഞു ஹே ദുൽகர்னை தீர்த்தாயும் இஜூஜ் மகஜூஜ் విభాగங்கள் பூமியில் குழப்பம் உண்டாக்குனவர்களாகங்கள் நங்கள்க்கும் அவர்குகிடையில் தாங்கல் ஒரு மதில்கட்டு உண்டாக்கி தரணமென வகையில் ഞങ്ങൾ താങ്കൾക്ക് ഒരു കരം നിശ്ചയിച്ചു തരട്ടെയോ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവ് എനിക്ക് അധീനപ്പെടുത്തി തന്നിട്ടുള്ള അധികാരവും ഐശ്വര്യവും നിങ്ങൾ നൽകുന്നതിനെക്കാളും ഉത്തമമത്രേ എന്നാൽ നിങ്ങളുടെ ശാരീരിക ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവി നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ബലവത്തായ ഒരു മതിലുണ്ടാക്കിത്തരാം നിങ്ങൾ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 പിന്നെ ആ മതിൽ കെട്ട് കയറി മറിയുവാൻ യജൂജും ഔജോജിന് സാധിച്ചില്ല അതിന് തുളയുണ്ടാക്കുവാനും അവർക്ക് സാധിച്ചില്ല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 وَعَرَضْنَا جَهَنَّمَ يَوْمَ إِذِلِّ لِلْكَافِرِينَ عَرْضًا أَبِشْوَاسِكَلْكُّ أَنْنَيَ دِوَسَمْنَا مَرَغَتْتَ شَرِيَا مَنْنَمْ كَانِشُ بُرُّكُنَّا دَانَ أَلَّذِينَ كَانَتْ أَعْيُنُهُمْ فِي غِطَاءٍ عَنْ ذِكْرِي وَكَانُوا لَا يَسْتَطِيعُونَ سَمْعًا أَنْدَ سَمْن ആരുടെ കണ്ണുകൾക്ക് മൂടി വീണു പോകുകയും അതു കേട്ടു ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കാതാവുകയും ചെയ്തിരുന്നുവോ അവരത്രേ ആ അവിശ്വാസികൾ എനിക്കു പുറമെ എന്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിക്കുകയാണ് തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു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 അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല നെടിയെ പറയുക സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിനു മുമ്പായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു അതിനു തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിന് കൊണ്ടുവന്നാലും ശരി നബിയെ പറയുക ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ